പ്രവാചകന്മാരിൽ നിന്ന് വാഹുസുബഹാനുഭൂവ ചായല ഒരു കരാർ സ്വീകരിച്ച സന്ദർഭം ഓർക്കുക ഞാൻ നിങ്ങൾക്കു നൽകിയ വേദഗ്രന്ഥവും ജ്ഞാനവും നൽകിയ ശേഷം നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യും അദ്ദേഹം ചോദിച്ചു നിങ്ങളിത് സമ്മതിക്കുകയും ഇതിനായി എന്റെ ഭാരം ഏറ്റെടുക്കുകയും ചെയ്തോ അവർ പറഞ്ഞു ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു എങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ സാക്ഷികളിൽ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്